അഭിമേലേക്കന്റെ ശേഷം ദോദോവിന്റെ മകനായ പൂവാവിന്റെ മകൻ തോല എന്ന ഇസാഖാർ ഗോത്രക്കാരൻ ഇസ്രയേലിനെ രക്ഷിപ്പാൻ എഴുന്നേറ്റു യഫ്രൈം നാട്ടിലെ ഷാമീരിലായിരുന്നു അവൻ പാർത്ത് അവൻ ഇസ്രയേലിന് ഇരുപത്തിമൂന്ന് സംവത്സരം ധിപനായിരുന്ന ശേഷം മരിച്ചു ഷാമീരിൽ അവനെ അടക്കം ചെയ്തു അവന്റെ ശേഷം ഗിലയാദ്യനായ യായിർ എഴുന്നേറ്റ് ഇസ്രയേലിന് ഇരുപത്തിരണ്ട് സംവത്സരം ആയിരുന്നു അവന് മുപ്പത് കഴുതപ്പുറത്ത് കയറി ഓടിക്കുന്ന മുപ്പത് പുത്രന്മാർ ഉണ്ടായിരുന്നു അവർക്ക് മുപ്പത് ൂരുകളും ഉണ്ടായിരുന്നു അവയ്ക്ക് ഇന്നുവരെയും പറയുന്നു അവ ഗലയാർ മരിച്ചു കാമോനിൽ അവനെ അടക്കം ചെയ്തു ഇസ്രയേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു ബാൽ വിഗ്രഹങ്ങളെയും അസ്തോരത്ത് പ്രതിഷ്ഠകളെയും ദേവന്മാരെയും സീതോന്യ ദേവന്മാരെയും മോവാബ്യ ദേവന്മാരെയും അമോന്യ ദേവന്മാരെയും ഫെലിസ്ത്യദേവന്മാരെയും യഹോവയെ സേവിക്കാതെ അവനെ ഉപേക്ഷിച്ചു അപ്പോൾ യഹോവയുടെ കോപം ഇസ്രയേലിന്റെ നേരെ ജ്വലിച്ചു അവനവരെ ഫെലിസ്തീയരുടെ കൈയിലും അമൂന്യരുടെ കൈയിലും ഏൽപ്പിച്ചു അവർ അന്നുമുതൽ പതിനെട്ട് സംവത്സരത്തോളം ഇസ്രയേൽ മക്കളെ യോർദാൻ അക്കരെ ഗിലയാദെന്ന അമൂര്യദേശത്തുള്ള എല്ലാ ഇസ്രയേൽ മക്കളെയും തന്നെ ഉപദ്രവിച്ചു ഞെരുക്കി അമോന്യർ യഹൂദയോടും ബെന്യാമീനോടും യഫ്രൈൻ ഗ്രഹത്തോടും യുദ്ധം ചെയ്യുവാൻ യോർദാൻ കടന്നു അതുകൊണ്ട് ഇസ്രായേൽ വളരെ കഷ്ടത്തിൽ ആയി ഇസ്രയേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തെ ഉപേക്ഷിക്കുകയും ബാൽ വിഗ്രഹങ്ങളെ സേവിക്കുകയും ചെയ്തതുകൊണ്ട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു യഹോവ ഇസ്രയേൽ മക്കളോട് അരുളി ചെയ്തത് മിസ്രൈമ്യർ അമോര്യർ അമ്മോന്യർ ഫെലിസ്തീർ എന്നിവരുടെ നിന്ന് ഞാൻ നിങ്ങളെ രക്ഷിച്ചിട്ടില്ലയോ സീതോന്യരും അമാലേക്കയരും മാവോന്യരും നിങ്ങളെ ഞെരുക്കി നിങ്ങളെന്നോട് നിലവിളിച്ചു ഞാൻ നിങ്ങളെ അവരുടെ കയ്യിൽ നിന്നും രക്ഷിച്ചു എങ്കിലും നിങ്ങളെന്നെ ഉപേക്ഷിച്ച് അന്യ ദൈവങ്ങളെ സേവിച്ചു അതുകൊണ്ട് ഇനി ഞാൻ നിങ്ങളെ രക്ഷിക്കയില്ല നിങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ള ദേവന്മാരോട് നിലവിളിപ്പീൻ അവർ നിങ്ങളുടെ കഷ്ടകാലത്ത് നിങ്ങളെ രക്ഷിക്കട്ടെ ഇസ്രയേൽ മക്കൾ യഹോവയോട് ഞങ്ങൾ പാപം ചെയ്തിരിക്കുന്നു നിന്റെ ഇഷ്ടം പോലെയൊക്കെയും ഞങ്ങളോട് ചെയ്തുകൊള്ളുക ഇന്നുമാത്രം ഞങ്ങളെ വിടുവിക്കണമേ എന്നു പറഞ്ഞു അവർ തങ്ങളുടെ ഇടയിൽ നിന്ന് അന്യ ദൈവങ്ങളെ നീക്കിക്കളഞ്ഞു യഹോവയെ സേവിച്ചു ഇസ്രയേലിന്റെ അരിഷ്ടതയിൽ അവന് സഹതാപം തോന്നി അന്നേരം അമോന്യർ ഒന്നിച്ചുകൂടി ഗലയാദിൽ പാളയമിറങ്ങി ഇസ്രയേൽ മക്കളും ഒരുമിച്ചുകൂടി മിസ്പയിൽ പാളയമിറങ്ങി ഗലയാദിലെ പ്രഭുക്കന്മാരും ജനവും തമ്മിൽ തമ്മിൽ അമ്മോന്യരോട് യുദ്ധമാരംഭിക്കുന്നവൻ ആ അവൻ ഗിലയാദിലെ സകലനിവാസികൾക്കും തലവനാകും എന്ന് പറഞ്ഞു